I'm going to be okay I'm going to be okay I'm going to be okay फिर से प्रश्न पूछना आरंभ करें स इच्छन् जक्रय कस्मिन् न हमुक्रान्दे उक्रान्दो भोष्यामि कस्मिन् वा प्रदिष्ठिते प्रदिष्टास्य मीते വിദ്യകൃതൃത അനേക ശക്തിസാധനൃഭേദവ്രഹ്മണ സൃഷ്ടിയ കത്തൃത്വ സാധനദ്യഭാവോഷേ പരേരുക്തർക്കോഷ തത്വത്തെ വിശദീകരിച്ചു കഴിഞ്ഞു അപ്പൊ ഇതുവരെയുള്ള വിശദീകരണമുണ്ട് നെയ്യത്തേന എന്ന് പറയുന്നു പല ദോഷങ്ങളും പറഞ്ഞു ആത്മേകത്വത്തിന് വിരുദ്ധമായി വരുന്ന ദോഷങ്ങൾ പ്രതിമാനം വരുന്നത് സൃഷ്ടിയെ സംബന്ധിച്ചിട്ടാണ് ആത്മീകത്വത്തെ അംഗീകരിക്കുക സൃഷ്ടി അംഗീകരിക്കുക പൊരുത്തപ്പെടുത്തില്ല ആത്മീയ ഏകത്വത്തെ അംഗീകരിക്കുക ഭേദത്തെ അംഗീകരിക്കുക അങ്ങനെ ശരിയാകും അതിന് സമാധാനം ഇവിടെ പറയണ വിദ്യാകൃത നാംരുപാ ഉപാധികൃത അനേക ശക്തി സാധനകൃത ഭേദവത്വ ബ്രഹ്മണഹ ഇവിടെ ബ്രഹ്മത്തെ തത്വത്തെ സൃഷ്ടിയാദികളുടെ സൃഷ്ടിസ്ഥിതി കർത്താവായി സ്വീകരിക്കുന്നുള്ള ദോഷമില്ല തത്വത്തിലാണ് പരമാർത്ഥ താണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സംഭവിക്കുന്നത് എന്ന് കരുതുകൊണ്ട് ദോഷമൊന്നുമില്ല ബ്രഹ്മത്തിൽ സ്വീകരിക്കുന്നുള്ള ദോഷമുണ്ട് അവിടെ ഒന്ന് സ്വീകരിച്ചാൽ മതി എന്താണ് അവിദ്യയെ സ്വീകരിച്ചാൽ മതി പലതാണോ ഇത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് സൃഷ്ടിയാദികളെ സംബന്ധിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ സംബന്ധിച്ച് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ഉണ്ടാകാമോ അതെല്ലാം അവിദ്യ എന്നുള്ള ഒന്നിനെ സ്വീകരിക്കുമ്പോൾ അതിനെല്ലാം പരിഹാരമായി അതുകൊണ്ട് പറയും വിദ്യ കൊണ്ട് സൃഷ്ടി നടക്കുന്നു പക്ഷെ ഇത് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇത് അദ്വൈത സിദ്ധാന്തത്തിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ബ്രഹ്മം അവിദ്യ കൊണ്ട് എന്ന് പറയും അപ്പൊ അതിനെ പരിഹരിക്കുന്നതിന് നമ്മളിപ്പോ ചർച്ച ചെയ്യുമ്പോൾ അതിന് വരുന്ന ദോഷങ്ങളെയും അദ്വൈത സിദ്ധാന്തത്തിൽ ദോഷങ്ങളെയും എല്ലാം ചിന്തിക്കേണ്ടി വരും ബ്രഹ്മം അവിദ്യ കൊണ്ട് സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ വരുന്ന ദോഷങ്ങൾ അദ്വൈത സിദ്ധാന്തത്തിൽ തന്നെ വരുന്ന മതഭേദങ്ങൾ ഒന്ന് അവിദ്യ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും അവിദ്യ എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യമുണ്ട് എന്തായാലും അത് വിദ്യയ്ക്ക് വിപരീതമായ ഒന്നാണ് പിന്നെ അത് മാത്രമല്ല അവിദ്യയെക്കുറിച്ച് പറയും അവിദ്യ ആണ് സംസാരത്തിന് കാരണമായിരിക്കുന്നത് ജീവൻ ബന്ധനത്തെ ഉണ്ടാക്കുന്ന വിദ്യയാണ് അത് അതിനെ ആശ്രയിച്ചാണ് ബ്രഹ്മ സൃഷ്ടിക്കുന്നത് എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിനും അവിദ്യ ഉണ്ടെന്ന് സ്വീകരിക്കേണ്ടി കാരണം അവിദ്യ കൊണ്ടാണോ സൃഷ്ടിക്കുന്നത് ഏതൊരു അവിദ്യയാണോ ജീവനെ സംസാരത്തിനോ ഹേതുവായിരിക്കുന്നു അതുതന്നെ ബ്രഹ്മത്തിന് സൃഷ്ടിക്കും ഉപായമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശ്രേഷ്ഠമാണെങ്കിൽ ഒരിക്കലും ജീവന് ബന്ധത്തിന് കാരണം അകാൻ പാടില്ല അത് നികൃഷ്ടമാണെങ്കിൽ ഒരിക്കലും ബ്രഹ്മത്തിന് അതൊരു പ്രായമാകാനും പാടില്ല സൃഷ്ടിച്ച് അത് രണ്ടു വന്നിലങ്ങനെ ഒന്നേ പക്ഷെ ഇവിടെ പറയുന്നതാണ് ബ്രഹ്മം വിദ്യ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് എന്ത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിയാൽ കടത്തൃത്വം എന്നാണ് അവിദ്യ എന്നുള്ള ശബ്ദം തന്നെ ഉപയോഗിച്ചിരിക്കും ഇതിനിങ്ങനെ ഒരു പൊരുത്തക്കേട് പൊരുത്തക്കേട് എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ടല്ല പുറമെ വരുന്ന ഒരു കാണുന്നതുകൊണ്ട് ഇവിടെ മറ്റൊരു പ്രക്രിയ സ്വീകരിക്കും ജന്മാധ്യസിയെ തഹാവളിയും മറ്റും പറഞ്ഞെന്താണ് സൃഷ്ടി ഒരിക്കലും ജീവന് സാധിക്കും മനസ്സാത്യ ചിന്തിരചതാരൂപമാണ് മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാൻ കഴിയാത്തതാണ് സൃഷ്ടിയുടെ വൈകിത്യം ദേവന്മാർക്ക് സാധ്യതയുണ്ട് ലോകപാലന്മാർക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് സർവജ്ഞനും സർവ്വശക്തനുമായ ഒരു ഈശ്വരന് മാത്രമേ ജഗത്തിനെ സൃഷ്ടിക്കാൻ കഴിയത്തുള്ളൂ അങ്ങനെ സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഈശ്വരൻ അവിദ്യ കൊണ്ട് ഈ ജീവനെ ബന്ധിക്കുന്ന അജ്ഞാന രൂപത്തിലുള്ള അവിദ്യ കൊണ്ട് ജീവിതത്തിനെ സൃഷ്ടിച്ചെന്ന് പറയാൻ പറ്റും പറഞ്ഞാൽ എന്താ ദോഷം അങ്ങനെയാണെങ്കിൽ ഈ ജീവൻ അവിദ്യ അധീനനായിരിക്കുന്നവൻ ഈ ജീവനും സൃഷ്ടിക്കാം കാരണം ഈശ്വരനതല്ലേ ഉപയോഗിച്ചു ജീവനിലും അതാ ഉള്ളത് ജീവൻ എന്തുകൊണ്ട് സൃഷ്ടിക്കുന്നില്ല ജീവൻ എന്തുകൊണ്ട് സൃഷ്ടിക്കുക അസക്തനായിരിക്കുന്നു അവിദ്യ കൊണ്ട് ജീവൻ അത്പജ്ഞനായിരിക്കുകയാണ് സംസാരിയായിരിക്കുകയാണ് അതേ അവിദ്യ കൊണ്ട് സൃഷ്ടിക്കുന്നു അതുകൊണ്ട് അവിടെ എന്തു ചെയ്യുന്നു പ്രക്രിയാഭേദം പറയുന്നു അവിദ്യ അത് മായയാണ് ഈശ്വരന്റെ മായാശക്തി കൊണ്ട് ഈശ്വരൻ സർവജ്ഞനും സർവശക്തനുമായിരുന്നു ജഗത്തിനെ സൃഷ്ടിക്കുന്നു മായയിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് ഈശ്വരൻ സർവതന്ത്ര സ്വതന്ത്രമാണ് അവിദ്യയോ ജീവൻ അവിദ്യയ്ക്ക് അധീനനായിട്ട് സംസാരത്തിലെ സുഖ ദുഃഖങ്ങളെ അനുഭവിക്കുന്നു ജനന മരണങ്ങൾ ഇവിടെ കടന്നുപോകുന്നു രണ്ട് രണ്ടാണ് അവിദ്യവേരയാണ് മായവേറെ ഭക്ഷ്യകാരൻ ഇവിടെ പറയുമ്പോന്താണ് ബ്രഹ്മം അവിദ്യ കൊണ്ട് സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നു അത് നമുക്ക് മനസിലാക്കാം അങ്ങനെ വേർതിരിച്ചിട്ട് ശരി ഈശ്വരൻ മായകൊണ്ട് സൃഷ്ടിച്ചു അപ്പം ആ പ്രശ്നം പരിഹരിക്കും ഇതാണ് അവിദ്യ അജ്ഞാന രൂപത്തിലുള്ള അവിദ്യ കൊണ്ട് നല്ല സൃഷ്ടി സംഭവിക്കുന്നത് ആ വിദ്യ കയ്യിലുള്ളത് കൊണ്ടാണ് ജീവന് സർവജ്ഞത്വവും സർവശക്തിത്വം എന്ന് സർവജ്ഞനും സർവ്വശക്തനുമായിരിക്കെ അതിന്റെ മായ ശക്തി കൊണ്ട് സൃഷ്ടിക്കുന്നു പ്രശ്നം പരിഹരിച്ചു പക്ഷെ ഇതിന് സമാനം പറയണം എന്താണോ ബ്രഹ്മം അവിദ്യ കൊണ്ട് സൃഷ്ടിച്ചു അപ്പൊ ഇവിടെ പറയുന്നത് രണ്ടു തരത്തിലാണ് പലപ്പോഴും തത്വത്തെ പ്രതിപാദിക്കുന്നത് ഒന്ന് ആരോപിത ദൃഷ്ടിയിൽ മറ്റൊന്ന് അപവാദ ദൃഷ്ടിയിൽ അപവാദ ദൃഷ്ടിയിൽ പറയുമ്പോൾ അവിടെ താല്പര്യം തത്വം എന്താണത് പറയുക എന്നുള്ളതാണ് ചർച്ച ചെയ്ത് തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ ദ്വൈതത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട് സംഘന്മാരെ കുറിച്ചും തർക്കന്മാരെ കുറിച്ചും എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും താല്പര്യപൂർവ്വമല്ല ആ സിദ്ധാന്തങ്ങള് സമർത്ഥിക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല താല്പര്യപൂർവം എന്താ ചർച്ച തത്വത്തെ കുറിച്ച് പരമാർത്ഥ തത്വത്തിന്റെ പ്രതിപാദനത്തിനാണ് താല്പര്യം പരമാർത്ഥ തത്വപ്രതിപാദനത്തിന് ഇവിടെ എന്താണ് തത്വത്തെ പ്രതിപാദനം ചെയ്യുമ്പോൾ മുഖ്യമായി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് തത്വമല്ലാത്തതിനെ നിരാകരിക്കുക ഇവിടുത്തെ തകരാറെന്ന് പറയുന്ന തത്വമല്ലാത്തതിനെ തത്വമെന്ന് ധരിക്കുന്നതാണ് തകരാറ് അപ്പൊ അതിനെ നിരാകരിക്കുക അതാണ് മുഖ്യമായി ഉദ്ദേശിക്കുന്നത് അദ്വൈത തത്വത്തെ പ്രതിപാദിക്കുക പറഞ്ഞാൽ അവിടെ എന്താണ് ഭേദത്തെ നിരാകരിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് ഭേദത്തെ നിരാകരിച്ചുകൊണ്ട് ബോധിച്ചാല് ഒരാൾക്ക് ശ്രോതാവിന് തത്വത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാവത്തുള്ളു ഇപ്പൊ പരമാർത്ഥ തത്വത്തെ സൂചിപ്പിക്കാനാണ് ബ്രഹ്മശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് ഏകവും അദ്ധ്യവുമായിരിക്കുന്ന പരമാർത്ഥ തത്വം അവിടെ എല്ലാ തരത്തിലുള്ള ഭേദങ്ങളെയും നിഷേധിക്കുന്നു എന്നാല് തത്വത്തെ തത്വമായി ഗ്രഹിക്കാൻ പറ്റും എല്ലാ തരത്തിലുള്ള ഭേദം ഞാൻ നീ എന്ന് തുടങ്ങിയ ഭേദങ്ങളെല്ലാം നിരാകരിക്കുമ്പോൾ അവിടെ ജീവൻ ഈശ്വരൻ എന്നുള്ള നിരാകരിക്കുന്നു ജീവൻ ഈശ്വരൻ എന്നുള്ള ഭേദത്തെ സ്വീകരിക്കുമ്പോഴാണ് അവിടെ ഉപാധികളുടെ ആവശ്യം വരുന്നത് അതിനുവേണ്ടി ഉപാധിയെ സ്വീകരിക്കേണ്ടി വരുന്നു എവിടെ ജീവ ഈശ്വരഭേദം അംഗീകരിച്ചുകൊണ്ട് ചർച്ചയുണ്ടോ അവിടെയാണ് ചിലത്തതിന്റെ ആവശ്യമായിട്ട് വരും അതാണ് അങ്ങനെ ഒരു പ്രക്രിയ ഉണ്ടോന്ന് പറയും അങ്ങനെ ഒരു ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യുമ്പോ അവിടെ പറയും ഈശ്വരൻ എന്ന് പറയുന്നു മായ ഉപാധിയോടുകൂടിയിരിക്കുന്നു ജീവൻ അവിദ്യ കൂടിയിരിക്കുന്നു പക്ഷെ പരമാർത്ഥമല്ല എന്തുകൊണ്ട് അത് ആരോപിത ദൃഷ്ടിയിൽ ചർച്ച ചെയ്യണം ചർച്ച ചെയ്യുമ്പോൾ അവിടെ ആരോപിതമായൊരു ദൃഷ്ടി അവലംബിക്കേണ്ടി വരുന്നത് പരമാർത്ഥത്തെയല്ല കാരണം ജഗത് ജഗത്തിന്റെ സ്ഥിതി അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ജഗത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചും സംഹാരത്തെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടി വരും ജീവന്റെ സ്ഥിതി അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ജീവന്റെ സംസാരത്തെക്കുറിച്ചും ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്യേണ്ടി വരും ആ ഒരു ചർച്ച ഭേദത്തെ അംഗീകരിച്ചുകൊണ്ടാണ് അങ്ങനെ വരുമ്പോ ജീവനും ഈശ്വരനും തമ്മിലൊരു ഭേദത്തെ കല്പിക്കണമല്ലോ വാസ്തവത്തിലൊരു ഭേദം സംഭവിക്കത്തില്ല പറഞ്ഞുകൂടെ ബോധിപ്പിക്കുന്ന അദ്വൈതത്തെയാണ് അങ്ങനൊരു കാൽപനികമായ ഭേദത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി രണ്ട് ഉപാധി സ്വീകരിക്കുന്നു ഒന്ന് മയ മറ്റൊന്നും അവദ്യ പക്ഷെ അത് കേവലം ആരോപിതമായ അദ്വൈത ദൃഷ്ടിയിലല്ല പറയുന്നു അദ്വൈതദൃഷ്ടിയിലാണെങ്കിലോ അങ്ങനെ ഒരു ഭേദമില്ല സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ഉണ്ട് ജഗത്ത് അനുഭവത്തിന് വിഷയമാണ് ജീവഭാവം അനുഭവത്തിന് വിഷയമാണ് ഭേദവും അനുഭവത്തിനു വിഷയമാണ് പക്ഷേ ഇതിലൊന്നിലും പാരമാർത്ഥികതയില്ല പാരമാർത്ഥികത എവിടെയുള്ളൂ തത്വത്തിലേ ഉള്ളൂ പരമാർത്ഥമായ തത്വത്തിൽ പരമാർത്ഥമല്ലാത്ത ഈ ഭേദം വന്നിരിക്കുന്നു എന്തുകൊണ്ട് വിടെ പരമാർത്ഥത്തിൽ പരമാർത്ഥമല്ലാത്ത അനുഭവം വരുന്നതിന് ഒരു ഹേതു പറയുന്നു അവിദ്യ അതുകൊണ്ട് പരമാർത്ഥത്തിന് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്ന ശബ്ദം ബ്രഹ്മം ഈ പരമാർത്ഥമല്ലാത്ത അനുഭവത്തിന് ഹേതുവായിരിക്കുന്നതിന് പറയുന്നു അവിദ്യ അപ്പൊ അവിടെ അല്ലെങ്കിൽ വിശേഷിച്ച് ജീവൻ എന്നുള്ളൊരു ഭേദത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ച അവിടെയില്ല അപ്പോ ഈശ്വര നിഷേധമാണോ അദ്വൈതത്തിൽ പറയുന്നത് എന്ന് ചോദിച്ചു ഈശ്വരനിഷേധം എന്ന് പറയുന്നത് നാസ്തികവാദമാണ് ത എന്ന് പറയുന്നു അത്ര ഒരു നാസ്തികതയെ കുറിച്ചാണോ പറയുന്നത് അല്ല എന്തുകൊണ്ട് നാസ്തികത്തിൽ പാരമാർത്ഥികത അംഗീകരിക്കുന്നുണ്ട് നാസ്തികൻ എന്താ പറയുന്നത് എന്താണോ കാണുന്നത് അനുഭവിക്കുന്നത് അതാണ് സത്യം കാണുന്നതിനും അനുഭവിക്കുന്നതിനും അപ്പുറമുള്ള ഒരു സത്യത്വം അത് ഇവിടെ അങ്ങനെയല്ല മറിച്ച് ഇവിടെ എന്താണ് അസ്തിത്വവാദമാണ് ഇവിടെ സർവ അസ്തിത്വത്തെയാണ് പറയുന്നത് ആത്യന്തികമായി ഒന്നിനെ നിഷേധിക്കാം മയ്യ ജീവനും പരനും എല്ലാം എന്താണ് ഏകമായ തത്വമാണ് ഏകമായ പരമാർത്ഥമായ തത്വമാണ് െ അല്ലെങ്കിൽ ജീവനെ നിഷേധിക്കാന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പരമാർത്വ തത്വത്തെ വെളിപ്പെടുത്തുകയാണ് അത് ഏകവും അദ്വൈതവുമാണ് അതിവിടെ അദ്വൈതത്തിൽ പറയുന്നു ഏകവും അദ്വൈവുമായിരിക്കുന്ന ആ തത്വത്തിൽ അനേകത്വവും എങ്ങനെ പ്രകടമായി അതിനുവേണ്ടി പറയുന്ന ആ അപ്പോൾ പരമാർത്ഥദൃഷ്ടി ചിന്തിക്കുമ്പോൾ അവിദ്യ വേറെ മായവേറെ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല പരമാർത്ഥികമായ മനന അതാണ് പരമാർത്ഥ തത്വത്തിൽ അല്ലെങ്കിൽ ആത്മനിഷ്ഠമായ മനന കാരണം ഇതിന്റെ താത്പര്യം എന്താണോ അദ്വൈതബോധമാണ് അദ്വീതബോധത്തിൽ ഭേദത്തെ ആധാരമാക്കിയുള്ള ചിന്തയ്ക്ക് മനനത്തിന് യാതൊരുസ്ഥാനും അവന്റെ ഏതെങ്കിലും ഭാഗത്തിൽ ഇങ്ങനെ കാണുമ്പോൾ എന്താണ് ഈശ്വരന്റെ ശക്തിയാണ് മായാശക്തി ജീവൻ അവിദ്യക്ക് അധീനനാണ് എന്നെല്ലാം കാണുമ്പോൾ ഇവിടെ എന്താണ് ബ്രഹ്മം അവിദ്യ കൊണ്ട് സൃഷ്ടിച്ചു എന്ന് ഇതെല്ലാം പരസ്പര വിരുദ്ധമുള്ള കാര്യം വിരോധമുള്ള കാര്യമാണോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല അദ്വൈതത്തെ സംബന്ധിച്ച് അതില്ല പക്ഷെ ചിലർ എന്താണ് അങ്ങനെ കൂടിയേ തീരുമെന്ന് ഉപാശി പിടിക്കുന്നവരുണ്ട് ഈശ്വരോപാധിയായി മായയെ സ്വീകരിക്കണം ജീവോപാധിയായി അവിദ്യയെ സ്വീകരിക്കണം എന്നാലേ അദ്വൈതത്തെ വിശദീകരിക്കാൻ കഴിയും അല്ലെങ്കിൽ അദ്വൈതം ബോധ്യപ്പെടാൻ പ്രയാസമാണെന്നെല്ലാം കരുതുന്നു അവിടെ വരുന്ന ഒരു തകരാറ് അങ്ങനെ ചിന്തിക്കുന്നതിന് ഒരു തകരാറ് ഇവിടെ പരമാർത്ഥത്വം അല്ലാതെ മറ്റൊന്നിനും തന്നെ സത്യത്വബുദ്ധിയില്ല മായ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണെന്നോ ആ പേരുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ യാഥാർത്ഥ്യമില്ല അവിദ്യ എന്ന് പറയുന്ന ഒരു വാസ്തവമാണെന്നോ ഇവിടെ സ്വീകരിക്കുന്നില്ല പരമാർത്ഥമായ ഒന്നൊഴികെ ബാക്കിയെല്ലാം രണ്ടിനും അത് മായ എന്ന് പറഞ്ഞാലും ശരി അവിദ്യ എന്ന് പറഞ്ഞാലും ശരി രണ്ടും എന്താണ് പരമാർത്ഥമല്ലാത്തവയാണ് അവസ്തുവാണ് അത് അതിനെന്തോ ഒരു യാഥാർത്ഥ്യമുണ്ട് അതുകൊണ്ട് അതിനെ രണ്ടായി പിരിച്ചെടുക്കണം എന്നാലേ കാര്യങ്ങൾ ശരിയാകും എന്ന് ചിന്തിക്കുന്നിടത്താണ് അബദ്ധം വരുന്നത് മായാകാര്യം എന്ന് പറഞ്ഞാൽ അവിദ്യാകാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പരമാർത്ഥമല്ല അതുകൂടെ പറയും സർവവ്യവഹാര സ്വപ്നീവ സർവം ഉപദ്ധ്യത ഇനി സൂത്രഭാഷയാതും ഏവ പരിഹൃത ഇതായും സൂത്രഭാഷയത്തിനും മറ്റും ചർച്ച ചെയ്യുന്നുണ്ട് ഓ അവിദ്യക്കോ അല്ലെങ്കിൽ മായയ്ക്കോ വാസ്തവികതയില്ല വാസ്തവം ഇല്ലാത്ത ഒന്നാണെങ്കിൽ വാസ്തവം ഉള്ളതുപോലെ കണ്ടുകൊണ്ട് രണ്ടാണ് അത് ഒന്ന് ബന്ധിക്കുന്നതാണ് ഒന്ന് സൃഷ്ടിക്കുന്നതാണെന്നെല്ലാം കൽപ്പിക്കേണ്ട ആവശ്യമില്ല അവിടെ ജീവൻ പരൻ എന്നുള്ള ഒരു ഭേദത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അല്ല അദ്ദേഹം എന്ന് പറയുന്നത് ജീവൻ എന്തൊക്കെ ദോഷങ്ങളുണ്ട് ഈശ്വരനെന്തൊക്കെ ഗുണങ്ങളുണ്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല മനസ്സെന്താണ് അതിന്റെ ഏകത്വത്തെ ബോധിക്കാനുള്ളതാണ് അതിന്റെ ഏകത്വത്തെ ബോധിക്കുന്നിടത്ത് സൃഷ്ടിയെക്കുറിച്ചുള്ള നിലപാടെന്താണോ ശരിയാണ് അത്പജ്ഞനായിരിക്കുന്ന ജീവന് സൃഷ്ടിക്കാൻ കഴിയില്ല ലോകപാലകന്മാർക്കോ ദേവന്മാർക്കോ ഇത് സൃഷ്ടിക്കാൻ കഴിയത്തില്ല സൃഷ്ടി സാധ്യമല്ല ശരി ഈശ്വരനാണ് സൃഷ്ടിക്കുന്നത് എന്നുവെച്ചാൽ സൃഷ്ടിക്കുള്ള സാമർഥ്യമുള്ളവനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അപ്പൊ സാമർഥ്യമുള്ളത് സൃഷ്ടിക്കുന്നു എന്താണ് ഈശ്വരൻ ഈശ്വരന്റെ തത്വം എന്താണ് അപ്പൊ സൃഷ്ടിക്ക് സാമർഥ്യമില്ലാത്ത ജീവന്റെയും സൃഷ്ടിക്ക് സാമർഥ്യമുള്ള ഈശ്വരന്റെയും തത്വം പരമാർത്ഥം ഒന്ന് തന്നെ ഇപ്പോൾ പരമാർത്ഥമല്ലാത്ത ഭേദത്തെ സമ്മർദ്ദിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല അസത്യത്തെ സമ്മർദ്ദിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ആ പരമാർത്ഥത്തിൽ സൃഷ്ടി എങ്ങനെ സംഭവിക്കുന്നു അവിടെ സൃഷ്ടി എങ്ങനെ മനസ്സിലാക്കണം അത് വിവേകദൃഷ്ടിയിലും മനസ്സിലാക്കുന്നു അതാണ് നേരത്തെ പറഞ്ഞത് അപവാദ ദൃഷ്ടിയിലും വിവേകദൃഷ്ട് മനസ്സിലാക്കുമ്പോൾ എന്താ സൃഷ്ടി പരമാർത്ഥമല്ല പിന്നെ പരമാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്താണ് സ്വപ്ന തുല്യത്വ പറഞ്ഞത് പരമാർത്ഥമല്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് സ്വപ്ന തുല്യം എന്ന് പറയും സ്വപ്നം എന്നല്ല പറഞ്ഞു സ്വപ്നം എന്ന് പറയുന്നത് തന്റെ വളരെ തുച്ഛമായൊരു അനുഭവമാണ് സൃഷ്ടി അതല്ല അതുകൊണ്ട് പറഞ്ഞ അത് സ്വപ്ന തുല്യമാണ് എന്നുവെച്ചാൽ സ്വപ്നം എങ്ങനെയാണോ ആയഥാർത്ഥമായിരിക്കുന്നത് അതുപോലെ അയഥാർത്ഥമായിരിക്കുന്ന ഒന്ന് എവിടെ സംഭവിക്കുന്നു ബ്രഹ്മത്തിൽ പരമാർത്ഥത്തിൽ സംഭവിക്കുന്നു ഈ പറയുന്ന എന്താണ് ഇതാണ് വിവേകദൃഷ്ടി അപവാദ ദൃഷ്ടി ആ സൃഷ്ടിയിൽ അന്തർഭവിച്ചിരിക്കുന്ന ഒന്നും തന്നെ പരമാർത്ഥമല്ല സൃഷ്ടികടത്താവ് വഴി ആ സൃഷ്ടികർത്താവിന് ബ്രഹ്മമെന്നോ ഈശ്വരനെന്നോ പരമാർത്ഥമെന്നോ സത്തന്നോ ചിത്തന്നോ ആനന്ദമെന്നോ ഏതു പറഞ്ഞാലും ശരി അവിടെ വ്യത്യാസമില്ല പിന്നെ ദൃഷ്ടിയിൽ വരുമ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഭേദങ്ങളൊന്നുമില്ല അവിദ്യ മായ തുടങ്ങിയ ഭേദങ്ങൾ അതൊന്നുമില്ല അപ്പൊ സർവജ്ഞത്വം സർവശക്തിത്വം തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ ജീവനൽ കാണാത്തതും കുറിച്ച് പറയുന്നതല്ലേ സർവജ്ഞനും സർവ ശക്തിമാനവും അല്ലേ അപ്പൊ ഈശ്വൻ ഉള്ളതായി പറയുന്ന അവയ സർവജ്ഞത്വവും സർവശക്തിത്വം തുടങ്ങിയ കാര്യങ്ങൾ അതിനാണിവിടെ പറയുന്ന എന്താണോ ഏതേലും അവിദ്യാകൃത നാമരൂപാതി ഉപാധികൃത അനേക ശക്തി എന്നാണ് ഈ തത്വത്തിൽ പരമാർത്ഥ തത്വത്തിൽ അനേക ശക്തികളുണ്ട് ഈ സംസാരത്തിന്റെ ശിക്ഷസ്ഥിതി സംഹാരങ്ങൾ അപ്പം ഈ സ്വപ്നം തുല്യം എന്ന് പറഞ്ഞു സ്വപ്നം അവിടെ സംഭവിക്കണമെങ്കിൽ അതിന് അനേക നിമിത്തങ്ങളില്ലേ അവിടെ വെറുതെ അങ്ങ് സംഭവിക്കും നമ്മൾ പറയും ജാഗ്രത അനുഭവം ജാഗ്രത അനുഭവത്തിൽ നിന്നുണ്ടായ സംസ്കാരങ്ങൾ പിന്നെ ചിലടത്ത് പറയും നിദ്രാഘോഷം ഇങ്ങനെ പലതരത്തിലുള്ള ഹേതുക്കളെ പറയും ചിലടത്ത് പറയും അത്രായം സ്വയം ജ്യോതി സ്വയം ജ്യോതിസായിരിക്കുന്ന പുരുഷന്റെ പ്രകാശമാണത് പലതും കൂടി ചേർന്നാണ് അത് സംഭവിക്കുന്നത് അതുപോലെ ഇവിടെ എന്താണ് അനേക ശക്തിമത്വം ഈ തത്വത്തിൽ പരമാർത്ഥത്തിൽ സർവജ്ഞത്വം സർവശക്തിത്വം തുടങ്ങിയ അനേക ശക്തികളുണ്ട് ആ തത്വത്തിൽ തന്നെ ആ തത്വത്തിൽ തന്നെ അല്പജ്ഞത്വവും അശക്തിത്വവും അജ്ഞതയും എല്ലാം കൊണ്ട് അവിടെ ജീവൻ എന്നാ തത്വത്തെ തന്നെ വിളിക്കുന്നു ആ തത്വത്തെ തന്നെ ജീവനായി അനുഭവിക്കുന്നു വെറുതെ ഒരു പേർട്ട് വിളിക്കുകയല്ല ഓരോരുത്ത അനുഭവമാണ് ഞാൻ അജ്ഞനാണ് ഞാൻ അസർവജ്ഞനാണ് ഞാൻ അശക്തനാണ് എന്നിങ്ങനെ സ്വയം അറിയുന്നത് പോലെ അതേ തത്വത്തിൽ തന്നെ സർവശക്തനും സർവശക്തനുമായി ഈശ്വരൻ എന്നും അറിയാം പക്ഷെ അതുകൊണ്ട് അങ്ങനെ തിരിച്ചറിയുന്നതുകൊണ്ട് ജീവഭാവം പ്രത്യക്ഷ സിദ്ധമാണ് തനിക്ക് സ്വയം അറിയാമെന്നുള്ള അതൊരു വിവാദത്തിനും വിഷയമല്ല ഞാൻ അസക്തനാണെന്നും കിഞ്ചിഞ്ജനാണെന്നും എല്ലാം ഉള്ളത് സ്വാനുഭവമാണ് ശാസ്ത്രം ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഈ തത്വത്തിന്റെ സർവജ്ഞത്വം സർവശക്തിത്വം തുടങ്ങിയ കാര്യങ്ങളെ ശാസ്ത്രം ബോധിപ്പിക്കുന്നു ജന്മാദ്യസ്യത്ത എന്തുകൊണ്ട് ഈ സൃഷ്ടിക്ക് എങ്ങനെയാണോ സ്വപ്ന സൃഷ്ടിക്ക് അനേക നിമിത്തങ്ങൾ വന്നത് അതുപോലെ ഈ സൃഷ്ടിക്കും ഈ ജാഗ്രത സൃഷ്ടിക്കും ജഗത്ത് എന്ന് പറയുന്ന ജാഗ്രത സൃഷ്ടി അതിനുവേണ്ട നിമിത്തങ്ങൾ അതിൻ്റെ പരമകാരണമായി പരമാർത്ഥത്ത സ്വീകരിക്കുന്നു അപ്പോ തന്റെ അൽപജ്ഞനായിരിക്കുന്ന തന്റെ മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ കൂടി കഴിയാത്ത ഈ സൃഷ്ടിക്ക് ഹേതുവായവിടെ സർവജ്ഞത്വം സർവശക്തിത്വം തുടങ്ങിയവ ശാസ്ത്രം തന്നെ നിർദ്ദേശിക്കുന്നു ജന്മാർ ശാസ്ത്രയോനിത്വ യദോവ ഇമാനി ഭൂതാനി ജായന്തി എന്നിങ്ങനെ നാനാരൂപത്തിൽ പറയുന്നു അവിടെ സൃഷ്ടികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ അണ്ടക്കടാഹങ്ങളുടെ എല്ലാം സൃഷ്ടി സംഭവിക്കുന്നതിനവിടെ സർവജ്ഞത്വവും സർവശക്തിത്വം തുടങ്ങി വേണം അവിടെ ഒരു സ്ഥലത്തും എന്താണ് സൃഷ്ടിയോ സൃഷ്ടിയുടെ ഈ പറയുന്ന പരമാർത്ഥമായിട്ട് അംഗീകരിച്ചോണ്ടല്ലോ പരമാർത്ഥികമായിരിക്കുന്ന എന്താണോ ഈ ജീവ ഈശ്വര ജഗത്ഭേദരഹിതമായിരിക്കുന്ന ഏകവും അദ്വീയവുമായിരിക്കുന്ന സച്ചിദാനന്ദ പരമാർത്ഥവസ്തു അതിൽ ഇത് ഈ ഭേദങ്ങൾ വരാം ആ ഭേദങ്ങൾക്കനുസരിച്ച് തന്നെ അതിൽ ഉത്കൃഷ്ടത അപകൃഷ്ടത വരാം ജീവൻ അസുരവജ്ഞനും അജ്ഞനുമായിരിക്കുന്നതുകൊണ്ട് ജീവനിൽ അപകൃഷ്ടതയുണ്ട് ഈശ്വരൻ സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്നുണ്ട് ഉത്കൃഷ്ടതയുണ്ട് പൂജ്യ പൂജക ഭാവം വരുന്നു ജീവൻ അശക്തനായിരിക്കുന്നുണ്ട് പൂജകനായിരിക്കുന്നു ഈശ്വരൻ സർവജ്ഞനായിരിക്കുന്നുണ്ട് പൂജ്യനായിരിക്കുന്നു ഈ ഭേദങ്ങളെല്ലാം വരുന്നു പക്ഷെ ഈ ഭേദം പരമാർത്ഥമല്ലതാണ് അദ്വൈതം ബോധിപ്പിക്കുന്നത് അതെല്ലാം അംഗീകരിക്കുന്നുണ്ട് പരമാർത്ഥമല്ലാന്ന് ബോധിപ്പിക്കുന്നതിന് പറയും ഇത്തരം വ്യവഹാരങ്ങളല്ല ഈ ഭേദവ്യവഹാരവും ഈ ഭേദത്തെ ആശ്രയിച്ചുള്ള മറ്റു വ്യവഹാരങ്ങളും എല്ലാം സർവവ്യവഹാര സ്യാപി അത് സ്വപ്ന സദൃശമാണ് എന്ന് വെച്ചാൽ പരമാർത്ഥമല്ല ശരി പരമാർത്ഥമല്ല എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ആവർത്തിച്ച് അവിടുത്തെ പറയും ഇത് പരമാർത്ഥമല്ല പരമാർത്ഥമല്ലാന്ന് വെച്ചാൽ തൻ്റെ മുമ്പിൽ നിന്ന് ഇതെല്ലാം മറഞ്ഞു പോകുമെന്നാണോ നല്ല പരമാർത്ഥമല്ലാത്ത ഒന്നിനെ അറിയുകയും ചിന്തിക്കുകയും ചെയ്യുന്നു അതിനെ അറിയുന്നു അറിഞ്ഞുകൊണ്ട് ചിന്തിക്കുന്നു എന്താണത് ഇതിന്റെ പാരമാർത്ഥികത എന്താണ് പരമാർത്ഥമല്ലാത്ത ജഗത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് ചിന്തിക്കുകയാണ് ശരീരം ഉൾപ്പെടെയുള്ള ജഗത്തിന് എന്താണ് ഇതിൻ്റെ പാരമാർത്ഥികത എന്താണിതിന്റെ തത്വം ആ തത്വത്തെ ബോധിക്കുമ്പോൾ ഇത് പരമാർത്ഥമല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ധാരണ പോലെ ഇതെല്ലാം അപ്രത്യക്ഷമാകുകയാണ് രജ്ജൂലസർപ്പം പോലെ അതെല്ലാം അവിടെ ഉദ്ദേശിക്കുന്നു പിന്നെ ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കുക പരമാർത്ഥം എന്താണ് എന്ന് അന്വേഷിക്കുന്നവന് അല്ലെങ്കിൽ ഇതിലെ പാരമാർത്ഥികത എന്താണ് എന്ന് അറിയാൻ ശ്രമിക്കുന്നവന് ഈ കാണുന്ന ഭേദം ജീവേശ്വര ജഗത് ഭേദം ഇത് പരമാർത്ഥമല്ല എന്നുള്ള ബോധ്യം വരികയാണ് അത്ര ഭേദത്തിന്റെ നിരാകരണം എന്ന് പറയുന്ന അതാണ് ഭേദത്തിന്റെ അസത്യത്തെ ബോധിപ്പിക്കുക അറിയുക അതിനാണ് മുമ്പ് പറഞ്ഞത് എന്താണോ അപവാദ ദൃഷ്ടി അല്ലെങ്കിൽ വിവേകദൃഷ്ടി എന്ന് പറഞ്ഞു അപ്പോൾ വിവേകദൃഷ്ടിയിൽ തത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഏകമായ തത്വത്തിൽ അവിദ്യ കൊണ്ടെല്ലാം സംഭവിക്കുന്നു എന്ന് ധരിക്കുമ്പോൾ അവിടെ മറ്റ് പ്രക്രിയയുടെ ആവശ്യമുണ്ട് ഭേദത്തെ നിരാകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അവിദ്യാകൃത നാമരൂപാധിപാധികൃത അവിദ്യാകൃതമാണ് നാമരൂപാധിപാധി അവിദ്യക്കുറിച്ചൊക്കെ നമ്മൾ പലതരത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അത് വിദ്യയുടെ അഭാവരൂപത്തിലാകാം അല്ലെങ്കിൽ വിക്ഷേപരൂപത്തിലാകാം നാനാത്വ പ്രതീതി ആ രൂപത്തിലാകാം വികൽപ രൂപത്തിലാകാം അത് എവിടെ തത്വത്തിൽ ഇപ്പൊ പരമാർത്ഥമായിരിക്കുന്ന തത്വത്തിൽ അങ്ങനെ സംഭവിക്കാമോ സംഭവിക്കുക എന്തുകൊണ്ട് ഈ സംഭവിക്കുന്ന ഒന്നും പരമാർത്ഥ പരമാർത്ഥത്തിൽ പരമാർത്ഥമല്ലാത്ത സംഭവിക്കുക സംഭവിക്കാൻ പാടില്ല എന്തിനു വാശി പിടിക്കുന്നു അതല്ലേ പരമാർത്ഥമായിരിക്കുന്ന രജു പരമാർത്ഥമല്ലാത്ത സർപ്പ സംഭവിക്കുന്നു പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത് സംഭവിക്കുന്ന അനുഭവമാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ട് ദോഷം ചെയ്യുന്നില്ല കാരണം അത് സത്യമല്ല സത്യമല്ലാത്ത ദോഷം ചെയ്യുന്നില്ല പരമാർത്ഥമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ഈ അവിധ്യമുണ്ട് അത് ഏത് രൂപത്തിലുള്ളതായെന്ന് പ്രപഞ്ചം സംഭവിക്കുന്നു അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് ദോഷമില്ല എന്നുകൊണ്ട് ആ സംഭവിച്ചത് പരമാർത്ഥമില്ലാത്തതുകൊണ്ട് രണ്ട് പരമാർത്ഥങ്ങളുണ്ട് ഒരുമിച്ച് അതിൻ്റെ ആവശ്യമുണ്ട് അത് ഭാവന ചെയ്യാൻ കൂടി സാധ്യമുണ്ട് അത് ഏകമായിരിക്കുന്ന തത്വത്തിൽ അവിദ്യാകൃതമായ നാമരൂപങ്ങളെ ആകുന്ന ഉപാധികളെ കൊണ്ട് അനേക ശക്തി അവിടെ അനേക ശക്തി വരും അതുകൊണ്ട് പറയുന്ന എന്താണ് ബ്രഹ്മത്തിന് അനേക ശക്തികളുണ്ട് ആ ശക്തിയിൽപ്പെടുന്നതാണ് സർവജ്ഞത്വം സർവശക്തിത്വം ആ ശക്തിയിൽപ്പെടുന്നതാണ് കിഞ്ചിജ്ഞത്വം അശക്തിത്വം അത് പല ഭാവങ്ങളിൽ പ്രകടമാകുന്നു അനന്തമായ ശക്തികൾ അതിനുണ്ട് അതെല്ലാം അവിദ്യ കൊണ്ട് സംഭവിക്കുന്നതാണ് അവിദ്യ കൊണ്ട് സംഭവിക്കുമ്പോൾ രണ്ടു തരത്തിൽ സംഭവിക്കുന്നു ഒന്ന് തത്വം പരമാർത്ഥ തത്വം അത് ഒന്ന് പറയുന്നതാണ് അത് കേവലമായ ചിസ്വരൂപമാണ് പക്ഷെ കേവലമായ ചിസ്വരൂപമായിരിക്കുക തന്നെ അതിന് ആ സ്വരൂപത്തെ കുറിച്ചുള്ള ബോധമില്ല ആ വിദ്യയുടെ ഒന്നാം ഘട്ടം ആ ബോധമില്ലാത്തത് കൊണ്ട് ആ ബോധമില്ലാതിരിക്കെ അതിൽ പരമാർത്ഥത്തിൻ്റെ ബോധമില്ലാതിരിക്കും അവിടെ വിപരീത ബുദ്ധികളുണ്ടാകുന്നു ആ വിപരീത ബുദ്ധിയിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ് ഈ പറയുന്ന എല്ലാ ശക്തികളും രജു എന്നുള്ള പരമാർത്ഥബബോധം ഇല്ലാതിരിക്കുക എങ്ങനെയോ ആ പരമാർത്ഥബോധം നഷ്ടപ്പെട്ട ഉടനെ അവിടെ വിപരീതമായ ബോധം വരുന്നു അത് ചിലപ്പോൾ പൂമാലയായി കാണുന്നു ചിലപ്പോൾ അതിനെ സർപ്പമായി കാണുന്നു ചിലപ്പോൾ അതിനെ മറ്റെന്തെങ്കിലുമായി കാണുന്നു ഭൂഛിദ്രമായി കാണുന്നു എന്തായിട്ടും കാണാം ഒരു വസ്തുവിന് എന്തുകൊണ്ട് ആ വസ്തുവിനെ സംബന്ധിച്ചുള്ള പരമാർത്ഥബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവിടെ എന്താണ് സ്വയം ചിസ്വരൂപമായിരിക്കുന്ന ഈ പരമാർത്ഥവസ്തുവിൽ അതിന്റെ പ്രകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു പ്രകാശം ഇവിടെ അവിടെ ഇരുൾ വരും വരുന്ന അവിടെ ബോധവും പിശാചുമെല്ലാം പ്രത്യക്ഷപ്പെടും ഇവിടെ അതെല്ലാം സംഭവിക്കുന്നു അവിദ്യാകൃതമായി ഇവിടെ നാമരൂപങ്ങൾ പ്രകടമായി നാമരൂപങ്ങൾ പ്രകടമായി അവിടെ അനന്തമായ ശക്തികൾ പ്രകടമായി അതിനൊരു വിക്ഷേപം ആ അനന്തമായ ശക്തികൾ കൊണ്ടുവന്ന് വരുന്നു അനേക ശക്തി പിന്നെ സാധനക്കെടുത്ത ഭേദവത്വ അനേക ശക്തികൾ അനേക സാധനങ്ങൾ ഉപായങ്ങൾ വന്നു ഇവിടെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിനുള്ള ഉപായങ്ങൾ ജീവൻ അവന്റേതായ ലോകത്തെ സൃഷ്ടിക്കുന്നു അതിനുള്ള സാധനങ്ങളാണ് കർമ്മങ്ങൾ ഉപായങ്ങൾ ആ ഉപായങ്ങളനുഷ്ഠിച്ച് അതിൻ്റെ ഫലരൂപത്തിലുള്ള ലോകത്തെ സൃഷ്ടിക്കുന്നു അതിനു പേരുപഠിക്കുന്നു സംസാരം അനുപരത്തോയും സംസാരം പറയുന്നു അവസാനമില്ലാതെ പോകുന്നു അനാദ്യ അനന്തമായി പോകുന്നു അനാദിരനന്തോയും ലോകവ്യവഹാരം ഈ ലോകവ്യവഹാരം അനാദി അനന്തമായി പോകുന്നു അങ്ങനെ അനുഭവം ഇത് അനാദി അനന്തമായിരിക്കുന്നു എന്ന് പറയുന്നത് പരമാർത്ഥമല്ലാത്ത കൽപ്പനയാണ് അവിജയെ തുടർന്നു വരുന്ന അത് യാതൊരു സത്യത്വുമില്ല അപ്പോ ആ തത്വനിഷ്ഠമായ ആത്മനിഷ്ഠമായ വിചാരമില്ലെങ്കിൽ പലതരത്തിലുള്ള പ്രക്രിയകളിലേക്ക് പോകും മനസ്സ് പലതരത്തിലുള്ള ചോദ്യങ്ങളും പലതരത്തിലുള്ള സമാധാനങ്ങളും സമാധാനം കിട്ടാതെ വരും ഇവിടെ ആ തത്വനിഷ്ഠമായ അത് അദ്വൈതത്തെ സംബന്ധിച്ചെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് മനാപ്രക്രിയകൾ കാണാൻ മനഃപ്പാടം ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ഒരാൾക്ക് അദ്വൈത ബോധം ഉണ്ടാകത്തു അത് പ്രക്രിയാബോധമേ ഉണ്ടാകത്തുള്ളൂ അല്ല മനസ്സിൽ വരുന്ന യുക്തിയുക്തമായ ചോദ്യങ്ങൾക്ക് യുക്തിയുക്തമായ സമാധാനം കണ്ടെത്താൻ കഴിഞ്ഞു അതിന് പരമാർത്ഥബോധമെന്ന് പറയാൻ പറ്റുന്നു പരമാർത്ഥബോധത്തിന് എന്താ വേണ്ടത് അതെല്ലാം വിടുന്നു മറിച്ച് ആത്മനിഷ്ഠമായി തന്നെ ചിന്തിക്കും അപ്പൊ എങ്ങനെയത് തന്നിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ ചിന്തിക്കുന്നു സുഷുതി ദൃഷ്ടാന്തത്തിലൂടെ തന്നിലെങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കുന്നു സുഷുതി ദൃഷ്ടാന്തത്തിലൂടെ അവിടെ എന്താണ് ഏകവും അദ്യുമായിരുന്ന തത്വമായിരുന്നു അവിടെ ഒരേ ഒരു പോരായ്മ കുറവാണ് ഉണ്ടായിരുന്നത് ബാക്കിയല്ല അവിടെ പൂർണ്ണമായിരുന്നു എന്താണ് അവിടെ ഉണ്ടായിരുന്ന പോരായ്മ പരമാർത്ഥബോധം അതവിടെ ഉണ്ടായിരുന്നു തത്വബോധം അവിടെ സംഭവിച്ചിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഒന്നും സംഭവിക്കുന്നു ആ തത്വബോധമില്ലായ്മ അതുകൊണ്ട് എന്തോ ജാഗ്രത എന്നുള്ള വിഷയം വന്നു തത്വത്തിൽ അവിടെ സൃഷ്ടി സ്ഥിതിയും സംഹാരങ്ങളും എല്ലാം പ്രകടമായി ഇതിനുള്ള പരിഹാരം എന്താണ് തന്റെ കേവലമായ പാരമാർത്ഥികമായ അവസ്ഥയെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു ഉണ്ടായാലോ ഇതൊന്നും പരമാർത്ഥമല്ല ബോധിക്കാൻ കഴിയും അത് ബോധിക്കാത്തിടത്തോളം ഇവിടെ എന്താണ് അനേക ശക്തി സാധനകൃത ഭേദവത്വ ഭേദമുണ്ട് ആ ഭേദത്തെയാണ് പറയുന്നത് ജീവഭേദം ഈശ്വരഭേദം പ്രപഞ്ചഭേദം ജീവന്മാരിൽ തന്നെയുള്ള പരസ്പര ഭേദം ജഗത്തിൽ തന്നെയുള്ള ദേവന്മാർ ലോകപാലന്മാരിങ്ങനെ വരുന്ന ഭേദവത്വാേദം നിലനിൽക്കുന്നു ഇതിനെല്ലാം പരിഹാരമായി സ്വീകരിക്കേണ്ടതെന്താണോ എന്ന് പറയുന്ന ഒരു ദോഷത്തെ സ്വീകരിച്ചു വേഗവും അദ്വീകവുമായിരിക്കുന്ന ആ തത്വത്തിൽ അവിദ്യ എന്ന് പറയുന്ന ഒരു ദോഷത്തെ സ്വീകരിക്കുന്നത് അത് തന്നെ ഒരു ദോഷമല്ലേ നിത്യശുദ്ധ ബുദ്ധമായിരിക്കുന്നതുകൊണ്ട് അതിന് നേരെ വിപരീതമായ ഒന്നിനെ സ്വീകരിക്കുക എന്തുകൊണ്ട് അത് സ്വയം ദോഷമല്ല സ്വയം ദോഷമാണോ എന്താണ് സത്യമാകണം അത് പരമാർത്ഥമാകണം അത് പരമാർത്ഥമല്ല അത് പരമാർത്ഥമല്ല അങ്ങനെ പരമാർത്ഥമായി സ്വീകരിക്കുമ്പോഴാണ് ദോഷം വരുന്നത് മരുമരീചികയിൽ പരമാർത്ഥമായ ജലത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ആ മരുമരീചിക ജലമായി തീരുന്നു സ്വയമത് ജലമയമാകും അതേസമയം പരമാർത്ഥമല്ലാത്തതിന് സ്വീകരിച്ചാലോ അവിടെ ദോഷമൊന്നുമില്ല പരമാർത്ഥമല്ലാത്ത ജലത്തെ സ്വീകരിക്കുന്നുണ്ട് ആ മരുഭൂമിക്ക് ഒരു കേടുപാട് സംഭവിക്കുന്നുണ്ട് അത് ജലമയമാകുന്നുണ്ട് അവിടെ രണ്ടാമതൊന്നും സംഭവിക്കുന്നുണ്ട് മരുഭൂമി അല്ലാതെ രണ്ടാമതെന്ന് സംഭവിക്കുന്നുണ്ട് അതുപോലെ ഇവിടെയും അതുകൊണ്ടാണ് പേരവിദ്യ അവിദ്യ എന്നുള്ള പേര് തന്നെ സൂചിപ്പിക്കുന്ന അത് പരമാർത്ഥമല്ല അപ്പോൾ പരമാർത്ഥത്തിൽ പരമാർത്ഥമല്ലാത്ത ഒന്ന് കേവല കൽപ്പന അതുകൊണ്ട് ദോഷമൊന്നും സംഭവിക്കുന്നില്ല അപ്പോൾ ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ജീവ ഈശ്വരഭേദത്തിനും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കും ബന്ധ മോക്ഷ വ്യവഹാരത്തിനുമെല്ലാം ഈ ഒന്നിനെ സ്വീകരിച്ചാൽ മതി പരമാർത്ഥം പോലെ അനുഭവപ്പെടുന്നതും എന്നാൽ പരമാർത്ഥമുണ്ടാകും പരമാർത്ഥം പോലെ അനുഭവപ്പെടുന്നതെന്ന് എന്തുകൊണ്ട് പറഞ്ഞു കാരണം എന്റെ സ്വന്തം അനുഭവമാണ് ഞാൻ അജ്ഞനാണ് എന്റെ സ്വന്തം അനുഭവമാണ് ഞാൻ ഈ ശരീരമാണ് എന്റെ സ്വന്തം അനുഭവമാണ് ഞാൻ വേറെയാണ് നീ വേറെയാണ് അപ്പോൾ അദ്വൈതം പരമാർത്ഥമാണെങ്കിലും ഈ ഭേദാനുഭവം പരമാർത്ഥം പോല അത് പരമാർത്ഥമല്ലാതാകുന്നെങ്ങനെ വിവേകം കൊണ്ട് വിവേകി തിരിച്ചറിയുന്നത് പരമാർത്ഥമല്ല അതുകൊണ്ടുണ്ടായ നാമരൂപാധികൾ പരമാർത്ഥമല്ല അതുകൊണ്ട് വന്ന അനന്തശക്തികൾ അതും പരമാർത്ഥമല്ല അതുകൊണ്ട് സംഭവിച്ചിരിക്കുന്ന വ്യവഹാരം അതും പരമാർത്ഥമല്ല എന്ന് ബോധ്യപ്പെടുന്നു അതുകൊണ്ട് സൃഷ്ടി എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ സൃഷ്ടി ആദ്യം അത് പരമാർത്ഥം അല്ല പരമാർത്ഥമായൊരു സൃഷ്ടി സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ സൃഷ്ടി കാണുക അല്ലെങ്കിൽ രണ്ടാമത്തെ വഴി ഇവിടെ പറയുന്ന ഇന്ന് മുമ്പ് പലയിടത്തും പറഞ്ഞിട്ടുള്ളൂ പക്ഷേ സർവത്തെയും പരമാർത്ഥമായി കാണുക എല്ലാ പരമാർത്ഥം തന്നെ അവിദ്യയും മായയും സൃഷ്ടിയും സൃഷ്ടികർത്താവും എല്ലാ പരമാർത്ഥം തന്നെ അങ്ങനെ കാണുക അതും ഇതിന്റെ ഒരു പര എന്താണ് പരമാർത്ഥത്തിൽ എന്താണോ അനുഭവപ്പെടുന്നത് അതിനെ പരമാർത്ഥമല്ല എന്നും പറയാം അതിന് മരുഭൂമിയിൽ കാണുന്ന ജലത്തെ അത് അസത്യമാണ് എന്നും പറയാം അത് മരുഭൂമി തന്നെയാണെന്നും പറയാം കാരണം ഇന്നിവിടെ രണ്ടാമത് ഇവിടെ ഒന്നുമില്ല അങ്ങനെയും പറയാം പക്ഷെ ഇവിടെ ഇപ്പം പറയുന്ന അങ്ങനെയല്ല സൃഷ്ട്യാധികർത്തൃത്തെ ഇവിടെ നേരത്തെ പറഞ്ഞത് ഇതാണ് ചോദ്യം ഇതാണ് നിങ്ങളുടെ ഏകവും അതീവുമായ ഒരു തത്വം എന്ന് പറയുന്നു അപ്പം ആ തത്വത്തിൽ എങ്ങനെ സൃഷ്ടി സംഭവിക്കും സൃഷ്ടിക്കെന്താ ഉപായം സൃഷ്ടിക്കുള്ള കർണം എന്ത് ഇവിടെ ആരാണ് സൃഷ്ടികർത്താവ് എന്താണവിടെ സൃഷ്ടമായത് കാരണം സൃഷ്ടികർത്താവ് സൃഷ്ടിക്കുള്ള കാരണങ്ങൾ സൃഷ്ടമായ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഏകവും അദ്വൈതവും എന്ന് പറയുന്നതിന് നേരെ വിപരീതമായ കാര്യങ്ങളാണ് അദ്വൈതത്തിന് വിപരീതമായ ദ്വൈതമാണ് ഇതെല്ലാം എങ്ങനെ സംഭവിച്ചിരിക്കുന്നു അതിന് സമാനം പറയണ്ടേ പക്ഷേ ചോദ്യം ചോദിച്ച ആളിന്റെ ഉള്ളിലേക്ക് കടന്നു മറുപടി പറയുന്നു ചോദ്യം ചോദിച്ച ആള് ഒരു മിഥ്യാധാരണയിൽ നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത് എപ്പോഴും എങ്ങനെ ഈ നിർമ്ണമായിരിക്കുന്നു നിങ്ങൾ പറയുന്ന തത്വത്തിൽ എങ്ങനെ ഈ സൃഷ്ടി സംഭവിച്ചു എന്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ചോദ്യം ഈ സൃഷ്ടി പരമാർത്ഥമാണ് എന്നുള്ള ധാരണയിൽ നിന്നുണ്ടായതാണ് നിർഗുണമായിരിക്കുന്ന ആ തത്വത്തിൽ നിന്ന് സൃഷ്ടി സംഭവിച്ചു എന്ന് പറയുമ്പോൾ ആ സൃഷ്ടിയെ പരമാർത്ഥമായി അംഗീകരിച്ചുകൊണ്ടല്ല പറയുന്നു വാസ്തവമായ ഒരു സൃഷ്ടിയെ കുറിച്ചല്ല അവിടെ പറയുന്നു പരമാർത്ഥ അല്ലാത്ത ഒന്നു പരമാർത്ഥമല്ലാത്ത ഒന്നിനെ പറയും പ്രതീതമായിരിക്കുന്നു കേവല പരമാർത്ഥം അല്ലാതിരിക്കുക എന്നുള്ള അനുഭവത്തിന് വരുതോ ആ കേവല പ്രതീതമായിരിക്കുന്ന സൃഷ്ടി അതിന്റെ ഹേതുവാണ് ചോദിക്കുന്നത് അതിന്റെ വാസ്തവത്തെയാണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലായിക്കഴിഞ്ഞാൽ അതൊരു ചോദ്യമേ അല്ല ഒരു ചോദ്യമായി അതിന് നിലനിൽക്കാനേ കഴിയത്തില്ല ഒന്നുകിൽ അതിനെ പരമാർത്ഥമായി കാണുക അല്ലെങ്കിൽ അത് മിഥ്യയായി കാണുക പരമാർത്ഥമല്ല രണ്ട് രീതിയിലും കാണാം രണ്ട് രീതി പോയാലും സമാധാനം ഒന്നും അതുകൊണ്ട് നേരത്തെ ചോദിച്ചു വേഗവും അദ്വൈവവുമായ ഒരു തത്വത്തെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് സൃഷ്ടി അങ്ങനെ നടക്കും ദ്വൈതികളെല്ലാം ചോദിക്കുന്നതാണ് ദ്വൈതത്തിൽ സത്യത്വ ബുദ്ധിയുള്ളവരെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അദ്വൈതത്തെ ഗ്രഹിക്കാൻ കഴിയാത്തവർ ചോദിക്കുന്നത് ചോദ്യമാണ് അതിന് പറയുന്നത് എന്താണോ അത് പരമാർത്ഥമല്ല അതുകൊണ്ട് സാധന അഭാവം എന്ന് പറയുന്നൊരു ദോഷം സാധനാദ്യ അഭാവോ ദോഷ പ്രത്യത്വ വേദിത്ത അത് സമാധാനം പറഞ്ഞു കഴിഞ്ഞു അതാണ് ഇവിടെ ഇപ്പം പറഞ്ഞത് ആദ്യം നിങ്ങൾ എന്താണ് തത്വത്തെ നിർഗുണമായി സ്വീകരിക്കുകയാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ സൃഷ്ടിയെ പരമാർത്ഥമല്ലാന്ന് ഗ്രഹിക്കുക അപ്പോൾ നിർഗുണമായ തത്വത്തിൽ പരമാർത്ഥമല്ലാത്ത സൃഷ്ടി എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനമായി ഇപ്പോൾ പരേരുക്ത ദോഷ പ്രത്യുക്ത ആ പറഞ്ഞ ദോഷത്തിന് സമാധാനമായി അതുമാത്രമല്ല വീണ്ടും പറഞ്ഞെന്താണ് ആത്മ അനർത്ഥകർത്തൃത്വം അത് ദോഷിച്ച് എന്നു പറയുന്ന ഈ സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ഈ ബ്രഹ്മം എന്തിനു സുഖദുഃഖ ഭൂയിഷ്ടമായിരിക്കുന്ന ഈ സൃഷ്ടിയെ എന്തിന് ചെയ്തു എന്തിനടെ സംസാരത്തിൽ ചെയ്തു അതാണ് പരമാർത്ഥമെങ്കിൽ സച്ചിദാനന്ദമാണ് പരമാർത്ഥമെങ്കിലും എന്തിനീ സംസാരം എന്തിന് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു ഇങ്ങനൊരു സൃഷ്ടി എന്തിനു വേണ്ടി അല്ലെ സാധാരണ ഈശ്വരനെ കുറിച്ച് ഇതുപോലെ ഈശ്വരൻ കാരുണ്യമുള്ള ആളാണ് കൃപ ഉള്ള ആളാണ് എങ്കിൽ പിന്നെ എന്തിന് ജീവന് ദുഃഖത്തെ കൊടുക്കുന്നു ഈശ്വരനെ കുറിച്ച് പറയുന്നത് എന്താണ് കൃപാ സാഗരമാണ് കാരുണ്യ സമുദ്രമെന്നൊക്കെയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ജീവന് അളവറ്റ ദുഃഖത്തെ എന്തിനു കൊടുക്കുന്നു സൃഷ്ടികളത്താവായി ഈശ്വരനെ സ്വീകരിക്കുമ്പോൾ എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം ഈശ്വരനെ തന്നെ കൊടുക്കണം സുഖത്തിന് ഉത്തരവാദിയായിരിക്കുന്നതുപോലെ ജീവന്റെ ദുഃഖത്തിന് ഈശ്വരൻ തന്നെ അല്ലെങ്കിൽ പിന്നെ ഈശ്വരൻ സർവജ്ഞന സർവശക്തനല്ലെന്ന് പറയേണ്ടി വരും സുഖം കൊടുക്കാനുള്ള കഴിവുമുണ്ട് ദുഃഖത്തെ മാറ്റാനുള്ള കഴിവില്ലെന്ന് പറയേണ്ടി വരും അതൊന്നും സാധ്യമല്ല ഈശ്വരൻ സർവജ്ഞന സർവശക്തനുമാണ് അത് സുഖ ദുഃഖങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷി ഈശ്വരനുണ്ട് അങ്ങനെയാണെങ്കിൽ ജീവൻ എന്തിനും ദുഃഖത്തെ കൊടുക്കുന്നു ജീവന് സുഖത്തെ തന്നെ കൊടുക്കണം പിന്നെ ദുഃഖത്തെ കൊടുക്കുക പിന്നെ അതിനെ അതിന്റെ ആവശ്യം തോന്നുന്നു സുഖത്തെ കൊടുത്താൽ കൊടുത്ത് ദുഃഖമൊക്കെ അനുഭവിച്ച് അത് കണ്ട് സന്തോഷിച്ചിട്ട് മാറ്റുകയാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈശ്വരനൊരു വലിയ സാഡിസ്റ്റാവും പറയേണ്ടി അതീശ്വരന്റെ ഈശ്വരീയത്വത്തിന് യോജിച്ചല്ല സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു സംസാരത്തെ ഉണ്ടാക്കി അവര് ജീവൻ മാറിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തി പിന്നെ അവസാനം മോക്ഷം കൊടുക്കുന്നു ഇത് സാഡിസമാണ് ശരി അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഈശ്വരനെ പൂർണ്ണ എന്താണോ കാരുണ്യ സമുദ്രം എന്ന് പറയാൻ പറ്റില്ല ഈശ്വരന്റെ ചില വികൃതികളുമുണ്ട് എന്ന് സ്വീകരിക്കേണ്ടി വരും കാരണം കാരുണ്യത്തിന്റെ പൂർണതയെന്നു ബാക്കിയുള്ള ഒന്നിനും സ്ഥാനമില്ല അവിടെ ദുഃഖത്തിന്റെ നിമിത്തങ്ങളൊന്നും ഇരിക്കാൻ പാടില്ല അതുപോലെ ഇവിടെയും വരാം എന്താണോ അതുപോലൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ഈ ബ്രഹ്മം സത്യദാനന്ദ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മം എന്തിനീ അനർഥത്തെ തനിക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്താണ് അനർത്ഥം ആത്മാഅനർത്ഥം സംസാരം തന്നെ ജനനം പറഞ്ഞത് അതിനും കൂടെ സമാധാനം പറഞ്ഞു എന്നാണ് എന്താ ഇവിടെ സമാധാനം പറയുന്നത് അനർത്ഥം പരമാർത്ഥമല്ല പരമാർത്ഥമായ അനർത്ഥത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാലേന്താ പരമാർത്ഥമല്ലാത്ത അനർത്ഥമെന്ന് പറയുന്നു അതിനാണ് എവിടെ പറഞ്ഞ എന്താണ് സർവവ്യവഹാര സ്വപ്നത്തിൽ സ്വപ്നത്തിലെ അനർത്ഥങ്ങളൊന്നും തന്നെ അനർത്ഥമല്ല സ്വപ്നത്തിൽ ഹിംസ സംഭവിച്ചു പാപ സംഭവിച്ചു പക്ഷെ ജാഗ്രത്തിലവൻ പാവിയാകുന്നില്ല സ്വപ്നത്തിൽ ഹിംസ സംഭവിച്ച ജാഗ്രത്തിലവൻ ഹിംസകനാകുന്നില്ല സ്വപ്നത്തിൽ വലുതായ ദുഃഖത്തെ സംഭവിച്ചു കഴിഞ്ഞാൽ ജാഗ്രത്തിലവൻ ദുഃഖിയാകുന്നില്ല അവിടുത്തെ വിശപ്പും ഒന്നും തന്നെ ജാഗ്രത്തിലവനെ അതാക്കി മാറ്റുന്നില്ല ഓ ഇത് സ്വപ്നസദൃശ്യമാണ് സംസാരം എന്നുള്ള ബോധമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അനർത്ഥ സൃഷ്ടി ചോദിക്കുന്ന അനർത്ഥ സൃഷ്ടിയെ കുറിച്ചാണ് ഏതാനി ഏതിനെയാണ് അനർത്ഥ സൃഷ്ടി എന്ന് പറയുന്നത് അത് സ്വപ്ന സദൃശമാണ് സ്വപ്ന സദൃശമാണെന്ന് അറിയുന്നവന് പിന്നെ ഇവിടെ അനർത്ഥ സൃഷ്ടി അപ്പൊ ഈ സൃഷ്ടിയെ പരമാർത്ഥമല്ല എന്ന് സ്വീകരിക്കുന്നത് ഈ സൃഷ്ടിയെ അവിദ്യകാര്യ അവിദ്യാ കാര്യം എന്ന് സൃഷ്ടി സ്വീകരിക്കുന്നതുകൊണ്ട് മാത്രമേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും ഇതിനെ സത്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈശ്വരനെപ്പോലും രക്ഷപ്പെടുത്താൻ നോക്കത്തില്ല പിന്നതില് തന്റെ സ്വന്തം കാര്യം ഈശ്വരനങ്ങൾ രക്ഷപ്പെടും അനർത്ഥത്തെ ഉണ്ടാക്കുന്ന ഈശ്വരൻ എങ്ങനെ കാരുണ്യമുള്ളവനാകും അതിലെന്താ ആദ്യം ബന്ധത്തെ കൊടുക്കുക പിന്നെ അത് മാറ്റും അത് ആർക്കെങ്കിലും സ്വീകാര്യമായ കാര്യമാണോ നമ്മൾക്ക് ഒരാളോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ ആദ്യ അയാളെ വേദനിപ്പിക്കുക പീഡിപ്പിക്കുക പിന്നെ സന്തോഷം കൂടും ഇതങ്ങനെ സ്വീകാര്യമാകും ദ്വൈതത്തിൽ അതിന് സമാധാനമേ ഇല്ല ഈശ്വരന്റെ ഈ ോട് കാണിക്കുന്ന ഈ നിഷ്ഠുരത അതിന് സമാധാനമായിട്ട് ദ്വൈതത്തിൽ അദ്വൈതത്തിലുള്ള സമാധാനം ദ്വൈതീനെ പറയുന്ന എന്താണ് അത് പ്രാണി കർമ്മവശാദ് കർമ്മത്തിൽ ഈശ്വരനൊരു നിയന്ത്രണമില്ല ജഗത് സർവവും ഈശ്വര ഇച്ഛയ്ക്കനുസരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഈശ്വരന്റെ ചേഷ്ട കൊണ്ടാണ് ജഗത്ത് ചേഷ്ഠിക്കുന്നെങ്കിൽ പിന്നെ പ്രാണിയുടെ കർമ്മത്തിന് പ്രാണിക്ക് എന്താ ഉത്തരവാദിത്വം അതിന്റെയും കർത്തൃത്വം ഈശ്വരനിൽ തന്നെ വരും അല്ലെങ്കിൽ ഈശ്വരൻ സ്വതന്ത്ര കർത്താവ് അല്ലെന്ന് വരും ജീവൻ കൊണ്ട് ചെയ്താലും ശരി സ്വതന്ത്ര കർത്താവായിരിക്കുന്ന ഈശ്വരനിൽ അതാണ് ദ്വിധത്തിൽ വരുന്ന ദോഷം പ്രപഞ്ചത്തെ സത്യമായി സ്വീകരിച്ചു കഴിഞ്ഞു ഈശ്വരനൊരു രക്ഷയില്ല ഈശ്വരനും പ്രതി കൂട്ടിക്കയറേണ്ടി എന്തിന് ഈ വൈഷമ്യമുള്ള സൃഷ്ടിയെ സൃഷ്ടിച്ചു അങ്ങനെ ഈശ്വരന് കൃപയുണ്ടെങ്കിൽ ഈ വൈഷമ്യമില്ലാത്ത സൃഷ്ടിയാണ് എല്ലാവരും സുഖത്തിലായിരിക്കും പ്രാണികർമ്മം എല്ലാം ഈശ്വരനാധീനമാണ് നല്ലതേ വരുത്താവും ചീത്തയൊന്നും വരുത്താൻ പാടില്ല അതാണ് ഇവിടെ പറയുന്ന അനർത്ഥ പറയുന്ന ദോഷം അതുകൊണ്ടാണ് സാഖ്യന്മാരെ ബുദ്ധിപൂർവ്വം പറയുന്നത് ഇതൊന്നും ഈശ്വരൻ ചെയ്യുന്നല്ല പ്രകൃതി ചെയ്യുന്നതാണ് സാഖ്യന്മാരെ സംബന്ധിച്ചോളം അങ്ങനെ സർവജ്ഞനും സർവശക്തനുമായ ഒരു ഈശ്വരൻ ഇവിടെ ഒന്നും അറിഞ്ഞിട്ടുമില്ല ഒന്നും ചെയ്തിട്ടുമില്ല പിന്നെ പ്രകൃതിയെല്ലാം ചെയ്യും സുഖവും ദുഃഖവും എല്ലാം ഉണ്ടാകും പുരുഷൻ പാവമാണ് നിർഗുണനും നിസ്സംഗനുമാണ് പക്ഷെ എന്നിട്ടും ഈ പ്രകൃതിയുടെ ശല്യം കൊണ്ട് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും എല്ലാ ദോഷവും പ്രകൃതിയിലായി ദ്വേദം സത്യമാണ് പ്രകൃതി സത്യമാണ് മറിച്ച് ഇവിടെ പറയുന്ന എന്താണ് ആത്മാനർത്ഥ പർത്തും ഇത് പരമാർത്ഥമല്ല എന്ന് സ്വീകരിച്ചാൽ പരമാർത്ഥമല്ല എന്നുള്ള വിവേകമുണ്ടാകും അപ്പോൾ ഇതെല്ലാം എന്താണ് സ്വപ്ന സദൃശം അപ്പൊ വിവേകി എന്താണ് സ്വപ്നത്തിലെ ഒരുവൻ ജാഗ്രതത്തിലേക്ക് വന്ന ഒരുവൻ സ്വപ്നത്തിലെ അസുഖ ഓർത്ത് വിവേകമില്ലാത്തവൻ ദുഃഖിക്കും സ്വപ്നത്തിലെ അസുഖ ഓർത്ത് ദുഃഖിക്കും സ്വപ്നത്തിൽ നഷ്ടമായ സ്വർഗത്തെ ഓർത്തിട്ട് ജാഗ്രതയിലിരുന്ന് കരയും നല്ല പൽപ്പായസം അവിടെ കിട്ടിയതാണ് പക്ഷെ കുടിച്ചു തീരുന്നേ സ്വപ്നം പോയി ഇനി വേണമെങ്കിലും ഒരു സ്വപ്നം വരണം അങ്ങനെ വില മരുമൂഢൻ വിവേകി അങ്ങനെയല്ല അവനറിയുന്നു അത് പരമാർത്ഥമല്ലാന്നറിയുന്നു അപ്പൊ പരമാർത്ഥമല്ലാത്ത ഒന്നിന്റെ ഗുണദോഷങ്ങൾ എന്തിനു നിരൂപണം ചെയ്യും സ്വപ്നത്തിൽ അപ്പൽപ്പായസത്തിൽ മധുരമാണോ കൂടുതൽ അതോ ഉപ്പായിരുന്നോ കൂടുതൽ എന്നിരുന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ മൂഢനത് ചിന്തിക്കും ഇവിടെ പറയുന്നത് വിവേകി ആരാ ഈ അദ്വൈതബോധമുള്ള അവനെ സംബന്ധിച്ചോളം ഈ പ്രപഞ്ചത്തിൽ വൈഷമ്യങ്ങളില്ല നൈഗൃണ്യമില്ല എന്തുകൊണ്ടിത് ഒന്നും പരമാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് അവിടെ ഈ സമാധാനമൊന്നും എന്താണ് ആത്മാനർത്ഥകർത്തത്വം എന്നൊരു ദോഷം ഇവിടെയില്ല അതുകൊണ്ടിവിടെ പറഞ്ഞു സർവവ്യവഹാരസ്യ സ്വപ്നത്തിൽ എത്താൽ സ്വപ്ന ഇവ സർവമേ സ്വപ്നത്തിന് എന്തൊക്കെയാണോ സമാധാനം പറയുന്നത് അതല്ല അത് പറയുന്നു എനിക്കിതെല്ലാം സ്വപ്നമായി കാണാൻ പറ്റുന്നില്ല നിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത് തിരിച്ചറിവുള്ളവന്റെ കാര്യമാണ് എനിക്ക് സ്വപ്ന തുല്യമായി കാണാൻ പറ്റുന്നില്ല നിന്റെ കാര്യമല്ലല്ലോ ഇവിടെ പറയുന്നു ആർക്കാണോ ഇതിൽ നിന്ന് വിവേകം ഉണ്ടാകുന്നത് അവന്റെ കാര്യം പറയുന്നു ആരാണോ ഇതിനെ അസത്യമായി ബോധിക്കുന്നത് അവന്റെ കാര്യമാണ് പറയുന്നത് എന്റെയും നിന്റെയും കാര്യമല്ല പറയുന്നു അതിന് സമാനമായി പിന്നെ മുമ്പ് പറഞ്ഞ ദോഷം എന്താണോ ദുഷ്ടാന്തോ രാജ്ഞ സർവാർത്ഥകാരി രാജ്ഞി അപ്പോ മുമ്പ് പറഞ്ഞ ദോഷങ്ങൾ ദോഷങ്ങൾ ആരോപിക്കുന്നതിന് വലിയ വിവരമൊന്നുമില്ല ആർക്കും ആരുടെ പേരിലും ദോഷങ്ങൾ സമാധാനം പറയുന്നതിന് ചിന്തിക്കേണ്ടി വരും ഒന്നുമ്പ് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു അദ്വീതയുടെ പേരിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ അതാണ് ഇതാണ് ഓരോന്നോരോന്നായിട്ട് സമാധാനം പറയുന്നു ആ സമാധാനം പറയുന്നു നിങ്ങൾ ഈ ദോഷം ആരോപിക്കുന്ന എന്തുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ആ വിവേകം ഇല്ലാത്തതുണ്ട് വിവേകമുള്ളവന് ദോഷം പറയാൻ പറ്റുമോ വിവേകമുള്ളവന് ദോഷത്തെ കാണാൻ കഴിയുമോ ഇല്ല അപ്പൊ അതിന് മറുപടി ഒന്നേ ഉള്ളൂ എന്താണ് വിവേകം അതിനെ വെളിപ്പെടുത്തുക എന്താ ദോഷം പറഞ്ഞത് രാജാവ് സർവവും ചെയ്യാൻ സാമർഥ്യമുള്ളവനാണ് ആ രാജാവിന്റെ ഒരു ശിങ്കടിയുണ്ട് രാജാവിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്നവൻ അവനും രാജാവിനെ പോലെ എന്തും ചെയ്തുള്ള അപ്പൊ അവൻ എന്തെങ്കിലും ചെയ്താലും പറയും ഓ അത് രാജകല്പനയാണെന്ന് പറയും കാരണം അവന് രാജാവിനോട് അത്രയും അടുപ്പമുണ്ട് അതുകൊണ്ട് രാജാവിന്റെ കല്പനയല്ല അത് വാസ്തവത്തിൽ പക്ഷെ മന്ത്രിയുടെ കല്പനയും രാജകല്പനയായി സ്വീകരിക്കുന്നു അതുപോലെ ഇവിടെയും എന്താണോ സ ഈ ഛാഞ്ചക്രി എവിടെ മുതലാണല്ലോ തുടങ്ങുന്നത് സ അതിനു മുമ്പ് പുരുഷനെ കുറിച്ചാണ് പറയുന്നു പുരുഷൻ സങ്കല്പിച്ചു എന്ന് പറഞ്ഞു സൃഷ്ടിയുടെ സങ്കല്പം പുരുഷന ഉണ്ടായത് അത് വ്യക്തമായി ശ്രുതി പറഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇവിടെ സാങ്കൻ പറയുന്ന അങ്ങനെന്താ സൈ ഛാൻ ചക്ര എന്ന് പറഞ്ഞത് അത് പ്രകൃതിയെ കുറിച്ച് പറയുകയാണ് പ്രകൃതി സങ്കല്പിച്ചു പ്രകൃതിയിൽ എന്നാണ് സൃഷ്ടി അത് അങ്ങനെ പറയുന്നു വ്യക്തമായും പറഞ്ഞിട്ടു അത് ഇത്രേയുള്ളു രാജാവ് അടുത്തുള്ളവനെയും രാജാവെന്ന് വിളിക്കുന്ന പോലെ പ്രകൃതിയാണ് വാസ്തു ചെയ്യുന്നത് പക്ഷെ ഗൌണമായി പുരുഷൻ്റെ ആ ശബ്ദം പ്രയോഗിച്ചു പുരുഷൻ സങ്കല്പിച്ചു എന്ന് പറഞ്ഞു എന്തുകൊണ്ടാ പ്രകൃതിയോടെ ഏറ്റവും അടുത്തിരിക്കുന്നവനാണ് പുരുഷൻ അപ്പൊ പ്രകൃതി ചെയ്ത കാര്യങ്ങൾ പുരുഷനെ ആരോപിച്ച് പറയുക അല്ല പുരുഷനല്ല സങ്കല്പിച്ചത് എന്നാണ് അതാണ് യസ്വ ദൃഷ്ടാന്തോ രാജ്ഞ സർവാർത്ഥകാരനെ കർത്തേ ഉപചാരാ രാജ്ഞാ കർത്തേരി രാജാവിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന മന്ത്രിയിൽ രാജശാസനെ ആരോപിക്കുന്നതുപോലെ രാജ്ഞാക്കോത്ര അതും ശരിയല്ല എന്നുണ്ട് സഹിഷാൻ ചക്രേ ദി ശ്രുതേർ മുഖ്യാർഥ ബാധന പ്രമാണഭൂതായ സഹിഷാൻ വ്യക്തമായി പറയും എന്ത്ുന്നു നേരിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ് പുരുഷനാണെന്ന് ശ്രുതി എങ്ങനെയുള്ളതാണ് അതാണ് പ്രമാണം തത്വത്തെ ഗ്രഹിക്കുന്നതിന് തത്വത്തിനെ ബോധിക്കുന്നതിനുള്ള പരമമായ പ്രമാണമാണ് ശ്രുതി അത് പറഞ്ഞിരിക്കുന്നു പുരുഷൻ സങ്കല്പിച്ചു പ്രകൃതി സങ്കല്പിച്ചെന്നല്ല പറയുന്നു അല്ലാതെ ഗോണമായി പറഞ്ഞിരിക്കുകയാണ് പ്രകൃതി തന്നെയാണ് സങ്കല്പിച്ചത് പക്ഷേ രാജാവ് ഭൃത്യൻ ചെയ്യുമ്പോൾ രാജാവ് ചെയ്യുന്നു എന്ന് പറയുന്നതുപോലെ പ്രകൃതി സങ്കല്പിച്ചപ്പോൾ പുരുഷൻ സങ്കല്പിച്ചതാണെന്ന് ഗൗണമായി പറയുക എന്ന് പറഞ്ഞാലോ മുഖ്യാർത്ഥത്തിലല്ലാതെ പറയുന്നെന്ന് പറഞ്ഞാലോ പറയുന്നത് ശരിയല്ല തത്ര ഈ ഗൗണീ കല്പന ശബ്ദ മുഖ്യാർഥം തന്നെ സംഭവം ഗൗണത്തെ എവിടെ മുഖ്യാർഥത്തെ സ്വീകരിക്കുന്നതിന് എന്തെങ്കിലും തടസ്സം നേരിടുന്നു അവിടെ മാത്രമേ ഗൌണാർത്ഥത്തെ സ്വീകരിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ശബ്ദാർത്ഥ വ്യവഹാരം തന്നെ അസംബന്ധമായി പോകും ഞാനൊന്ന് പറയുന്നു നിങ്ങൾ അതിൻ്റെ ഗൌണാർത്ഥത്തെ സ്വീകരിക്കും ഞാൻ മുഖ്യാർത്ഥത്തെ പറയുമ്പോൾ ഗൌണാർത്ഥത്തെ സ്വീകരിക്കാൻ പോയിപ്പോൾ ഞാൻ ഇത് എവിടെ ചെന്നയിക്കും അത് സാധാരണ നമ്മുടെ സംഭവിക്കുന്നതാണ് ഒരു കാര്യം പറയുമ്പോൾ കേൾക്കുന്നാണ് വിചാരിക്കുമോ ഇയാളെ ഇന്നതുദ്ദേശിച്ചാണ് പറഞ്ഞത് ൂണകല്പന മുഖ്യാർത്ഥത്തിൽ ഗൂണകല്പന ചിലർക്കതൊരു രോഗമാണ് മന്ത്രരോഗമാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതെന്റെ വിപരീതാർത്ഥത്തെ എടുക്കും അയാൾ അതുദ്ദേശിച്ചായിരിക്കും പറഞ്ഞിരിക്കുന്നു ചിലുടെ മനസ്സങ്ങനെയാണ് ചിന്തിക്കുന്നത് പറയുന്ന എങ്ങനെയാണോ അത് അങ്ങനെ എടുക്കത്തില്ല കാരണം അതിന് കാരണം വേറെ ഒന്നും കൂടെ ഉണ്ട് അത്തരക്കാരുടെ മനസ്സെന്ന് പറയുന്നു അവർ പറയുന്നത് എപ്പോഴും വിപരീതാർത്ഥത്തിലായിരിക്കും കാര്യങ്ങൾ നേരെ പറഞ്ഞ് ശീലമില്ലാത്ത ആൾക്കാരായിരിക്കും അതുകൊണ്ട് എന്ത് പറഞ്ഞാലും മറ്റൊരർത്ഥത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് പോയി അതുകൊണ്ട് മറ്റുള്ളവർ പറയുമ്പോഴും അതങ്ങനെയാണെന്ന് തോന്നുന്നു ചിന്തയിൽ വരുന്ന വൈകല്യം ഇപ്പോ ഇവിടെ ഇവർക്ക് സംഭവിച്ചിരിക്കുന്നതാണ് ചിന്ത വൈകല്യം സംഭവിച്ചിരിക്കുവാണ് മുഖ്യാർഥത്തിൽ പറയുന്നതെല്ലാം ദൌണാർത്ഥമായിട്ടെടുക്കും ദോഷമാ എന്നിട്ട് പറയുന്നവളിൽ ദോഷാരോപണം ചെയ്യും ഓ അയാൾ പറഞ്ഞത് വേറെ ഉദ്ദേശിച്ച പറഞ്ഞത് മറ്റൊന്ന് ഉദ്ദേശിച്ച പറഞ്ഞത് അതുപോലെ അതുകൊണ്ട് അങ്ങനെ പാടില്ല ശബ്ദവ്യവഹാരത്തിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട് മാനദണ്ഡങ്ങളുണ്ട് അതനുസരിച്ച് തന്നെ വേണം എവിടെ വേണോ മുഖ്യമായ അർത്ഥത്തെ പറയുന്നത് ആ അർത്ഥത്തെ സ്വീകരിക്കുന്നതിന് തടസ്സമൊന്നുമില്ലെങ്കിൽ അതുതന്നെ സ്വീകരിക്കും പക്ഷെ സിംഹമാണവത എന്ന് പറഞ്ഞു ബ്രഹ്മചാരി സിംഹമാണെന്ന് പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ എന്തായാലും ബ്രഹ്മചാരി സിംഹമല്ല സിംഹത്തെ പോലെയുള്ള ജടയും താടിയും ഒന്നുമില്ല മാംസഭക്ഷണമില്ല ക്രൗചര്യമില്ല ശൌര്യമില്ല അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞു അപ്പോൾ അവൻ ഒരു സിംഹം എന്നുപറയുന്ന ഒരു മൃഗം എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത് ആ അർത്ഥത്തെ സ്വീകരിക്കാൻ വയ്യ പക്ഷെ അതിനുള്ളതുപോലെയുള്ള ചില ഗുണവിശേഷങ്ങളുണ്ട് അതിനുള്ളതുപോലെയുള്ള ധൈര്യവും ശക്തിയും സദ്ഗുണങ്ങളല്ല അതിനകത്തുണ്ട് ഗാംഭീര്യവും അങ്ങനെയുള്ള സദ്ഗുണങ്ങൾ അതിനകത്തുണ്ട് ദുർഗുണങ്ങളല്ല ആ സദ്ഗുണങ്ങളുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞാണ് അവിടെ ഗുണാർത്ഥത്തെ സ്വീകരിക്കാം എന്തുകൊണ്ട് മുഖ്യാർത്ഥത്തെ എടുക്കുന്നതിന് തടസ്സമുള്ളതുകൊണ്ട് അതുപോലെ സൈഷാൻ ചക്രയെ ഇവിടെ മുഖ്യാർത്ഥത്തെ എടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല അതുകൊണ്ട് ആരാ സങ്കല്പിച്ചത് സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ഭാവന എവിടെയുണ്ടായി ആ പരമാത്മാവിൽ തന്നെ പുരുഷനിൽ തന്നെ ഉണ്ടായി എന്നാണ് യഹത് അച്ഛേതനസ്യ മുക്ത ബന്ധ പുരുഷ വിശേഷാപേക്ഷ കർത്തൃ കർമ്മ ദേശകാല നിമിത്താപേക്ഷയാച്ച പുരുഷം പ്രതി പ്രവർത്തന ഉപപത്യതേ പ്രകൃതി എന്ന് പറയുന്നത് എന്താണ് അചേതനമാണ് പുരുഷൻ എന്താണ് ചേതനസ്വരൂപനാണ് ആ ചേതനസ്വരൂപനായിരിക്കുന്ന പുരുഷനിലാണ് ഈ സങ്കല്പങ്ങൾ വരുന്നത് വികാര വിചാരങ്ങളെല്ലാം സംഭവിക്കുന്ന അവിടെയാണ് അചേതനമായിരിക്കുന്ന പ്രകൃതിയിൽ അങ്ങനെ സംഭവിക്കും വിശേഷിച്ചും സാഖ്യന്മാര് പുരുഷനെ വേറെ തിരിക്കുന്നു പ്രകൃതിയെ വേറെ തിരിക്കുന്നു പുരുഷനെ കുറിച്ച് പറയുന്നു അത് ചേതനസ്വരൂപനാണോ പ്രകൃതിയെ കുറിച്ച് പറയുന്നു അത് ജഡമാണോ എങ്ങനെയാണോ തന്നൽ വികാര വിചാരങ്ങൾ സങ്കല്പങ്ങളെല്ലാം തന്റെ ആന്തരികമായി സംഭവിക്കുന്നു തന്റെ ബോധ സംഭവിക്കുന്നു മറിച്ച് ശരീരത്തിന്റെ തലത്തിലല്ല എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല ആ ശരീരത്തെ താൻ ജഡമായിട്ടാണ് കാണുന്നത് തന്റെ അറിവിന് വിഷയവും ദൃശ്യവുമായിരിക്കുന്ന ശരീരം അത് ജഡമാണ് സങ്കൽപ്പവികല്പങ്ങൾ അവിടെയല്ല സംഭവിക്കുന്നത് തന്റെ ഉള്ളിലാണ് എന്തുകൊണ്ട് ആ ഉള്ളിലാണ് ചേതനൻ സ്ഥിതി ചെയ്യുന്നത് അതിന്റെ ചൈതന്യത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അതുപോലെ ബാഹ്യമായ പ്രകൃതിയും ജഡരൂപത്തിൽ അനുഭവപ്പെടുന്ന പ്രകൃതി എവിടെ പ്രകൃതി എന്ന് പറയുമ്പോഴാണ് ശബ്ദസ്പർശ രൂപ രസഗന്ധത്തിൽ അനുഭവപ്പെടുന്ന പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ബാഹ്യവസ്തുക്കൾ അത് അതിനെ പ്രകൃതി എന്ന് സ്വീകരിക്കുമ്പോൾ അവിടെയല്ല ചൈതന്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആന്തരികമായിട്ടാണ് അപ്പോൾ ഈക്ഷണാദിക്രിയകൾ സങ്കല്പവും മറ്റും ചൈതന്യത്തിലേ സംഭവിക്കത്തുള്ളു പറയുന്നത് അചേതനസ്യ മുക്തബദ്ധ പുരുഷ വിശേഷാപേക്ഷ കർത്തൃകർമ്മ ദേശകാല നിമിത്താപേക്ഷ ബന്ധ മോക്ഷാദി ഫലാർത്ഥ നിയത പുരുഷ പുരുഷനെ സംബന്ധിച്ചുള്ള പ്രവൃത്തികൾ പുരുഷന് വേണ്ടി പ്രകൃതി പ്രവർത്തിക്കുന്നുണ്ടല്ലോ അപ്പോ രണ്ടും മുക്തിയും ബന്ധനവും പ്രകൃതി പുരുഷന് കൊടുക്കുന്ന ഒന്നാണ് മോക്ഷവും അപവർഗവും പ്രകൃതിയുടെ സമ്മാനമൊന്നാണ് അചേതനായിരിക്കുന്നെ പ്രകൃതിക്ക് പുരുഷന് മോക്ഷവും ബന്ധവും കൊടുക്കാൻ പറ്റും അതെല്ലാം പുരുഷന്റെ സ്വന്തമാണ് തന്റെ മോക്ഷത്തെ പുരുഷനാഗ്രഹിക്കും തന്റെ ബന്ധനത്തിൽ പുരുഷൻ സ്വയം അകപ്പെടുന്നു പ്രകൃതി അല്ലാതെ ചെയ്യുന്നു അങ്ങനെ പുരുഷനിൽ നിന്നും തികച്ചും വേറിട്ട് ദൃഢയായ ഒരു പ്രകൃതിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും സാധിക്കത്തില്ല കാരണം മുക്തബന്ധ പുരുഷ വിശേഷാപേക്ഷ ഇവിടെ പുരുഷന്മാർ മുക്തർ ഉണ്ട് ബദ്ധരുണ്ട് സംഖ്യന്മാര് പറയുന്ന കർത്തൃകർമ്മ ദേശകാല നിമിത്താപേക്ഷ പിന്നെ ഈ പ്രവൃത്തികളെല്ലാം സംഭവിക്കുന്നെങ്ങനെ കർത്തൃത്വം തന്നിൽ വരണം തനിക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ വേണം ദേശകാല ബോധം വേണം ദേശവും കാലുമൊക്കെ തന്നെ ബോധത്തെ അപേക്ഷിച്ചിരിക്കുന്നതാണ് ചൈതന്യത്തെ അപേക്ഷിച്ചിരിക്കുന്നതാണ് അതെല്ലാം ഇങ്ങനെ ജഡപ്രകൃതി സംഭവിക്കും ബോധമില്ലാത്തടത്ത് എങ്ങനെ കാലം വരും കാലം കേവലം ബോധത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ് ദേശം ദേശബോധം എന്നാ പറയുന്നത് ബോധത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ് ഇതെല്ലാം ബന്ധമോക്ഷാദി ഫലാർത്ഥ നിയത ഇതെല്ലാം നിശ്ചിത രൂപമായി ചൈതന്യത്തെ ആശ്രയിച്ച് കാണുന്നുണ്ട് പുരുഷൻ സ്വയം പറയാണ് ഞാൻ എന്താ ബന്ധനസ്ഥനാണ് അതേ പുരുഷൻ തന്നെ സ്വയം അനുഭവിക്കുകയാണ് ഞാൻ മുക്തനാണ് ഞാൻ അസംഗനാണ് സംസാരം എന്നെ ബാധിക്കുന്നില്ല ഇത് പുരുഷ ചൈതന്യത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പ്രകൃതിയിൽ എങ്ങനെ ആരോപിക്കാൻ കഴിയും പുരുഷ പ്രവർത്തന ഉപത്തി അതുകൊണ്ട് യഥോക്ത സർവജ്ഞ ഈശ്വര കെടുത്തു പക്ഷേ തോന്നുന്നു അതുകൊണ്ട് സൃഷ്ടിയെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുമ്പോ സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ആ തത്വത്തിൽ സംഭവിക്കുന്നതാണ് അത് പരമാർത്ഥമല്ലെങ്കിലും എന്ന് തന്നെ ഗ്രഹിക്കണം സർവജ്ഞനും സർവ സർവശക്തനുമായ ണക്കടത്തടത്തവും അതുകൊണ്ടാണ് സംഖ്യന്മാർ നിരീശ്വര സംഖ്യന്മാരെന്ന് പറയും ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം അവർ നാസ്തികന്മാരാണ് എന്നാൽ ചർവാകന്മാരെ പോലെ അവർ നാസ്തികരല്ല എന്തുകൊണ്ട് അവർ പുരുഷ അസ്തിത്വത്തെ അവരംഗീകരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഈശ്വര അംഗീകരിക്കാത്തതുകൊണ്ട് അവരെ പൂർണമായും ആസ്തികന്മാരെന്ന് പറയാൻ പറ്റില്ല ഈശ്വരാസ്തിത്വത്തെ സ്വീകരിക്കാതെ ഇതിനൊന്നും സമാധാനമില്ല അദ്വൈതി ആ ഈശ്വരാസ്തിത്വത്തെ ബ്രഹ്മസ്തിത്വമായി തന്നെ സ്വീകരിച്ചിരിക്കുന്നു ഈശ്വരാസ്തിത്വം എന്ന് പറയുന്നു സത്തയുടെ അസ്തിത്വമായി സ്വീകരിച്ചിരിക്കുന്നു അവിടെ ആ പരമാർത്വ സത്ത ആ ഒരേ ഒരു തത്വം തന്നെ അവിദ്യാനിമിത്തമായിട്ട് സർവജ്ഞത്വവും അൽപജ്ഞത്വവും സർവശക്തിത്വവും അശക്തിത്വവും എല്ലാമുള്ള ജീവീശ്വര ഭേദത്തോടുകൂടി സ്വപ്ന സ്വപ്നം പോലെ ഇവിടെ പ്രകടമായിരിക്കുന്നു അതെല്ലാം പരമാർത്ഥ തത്വത്തിൻ്റെ ഒരു പ്രാകട്ട ഭാവമാണിത് വിവേകി സ്വപ്ന തുല്യമായി സ്വപ്നസദൃശ്യമായി കാണുന്നതുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ അവിടെയില്ല ദ്വീതിയെ സംബന്ധിച്ചും ഇതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഒരിക്കലും അവസാനിക്കത്തില്ല ഒരിക്കലും ഇതിന് സമാധാനമില്ല ആത്യന്തികമായ സമാധാനമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് വിവിധ നിക്ഷിപ്യ വിരോധോദ്ഭവ കാരണം സംരക്ഷിത സത്ബുദ്ധി സുഖം നർവാദി വേദവിദ് കഴിഞ്ഞ േദവി ഈ ദ്വൈത കോലാഹലങ്ങളിൽ പെടാതെ തർക്കവിതർക്കങ്ങളിൽ പെടാതെ അതിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ ഈ ദ്വൈതത്തിലിരുന്നു കൊണ്ട് തന്നെ സുഖം നിർവാദി അനായസമായി നിർവ്വാണത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞ അവിടെ വേദവിത്തനെ സംബന്ധിച്ചിടത്തോളം ആ നിർവ്വാണം സ്വതസിദ്ധമാണ് അതിനെ സംരക്ഷിക്കുന്ന ബാധ്യത പോലും തനിക്കില്ല എന്തുകൊണ്ട് അത് മറ്റുള്ളവർ സംരക്ഷിക്കേണ്ട അതിന്റെ യോഗക്ഷേമങ്ങൾക്ക് പോലും തന്റെ ഭാഗത്ത് നിന്ന് യജ്ഞത്തിന്റെ ആവശ്യമില്ല അതെല്ലാം ദ്വൈതത്താൽ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് എന്നുവെച്ചാൽ ദ്വൈതം അതിനെ സ്പർശിക്കുന്നില്ല അതിനെ ഹനിക്കാൻ ദ്വൈതത്തിന് സമയമില്ല കാരണം ദൈതം പരസ്പരം യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ് ദൈതത്തിനെ സംബന്ധിച്ച് പരസ്പരം ഹനിക്കുന്നതിനാണ് അവരുടെ താല്പര്യം അപ്പോ അവരുടെ ആക്രമണം ഒരിക്കലും സദ്ബുദ്ധിയുടെ നേരെ വരുന്നില്ല അവർക്ക് പരസ്പരം പോരടിച്ച് തീരാൻ സമയം വേണ്ടേ അപ്പോ സത്ബുദ്ധി വാസ്തവത്തിലത് സ്വതസിദ്ധമാണ് സ്വയം സംരക്ഷിതമാണ് പോരാത്തതിനെന്ത് ചെയ്യുന്നു ദ്വൈതബുദ്ധി അതിനെ സംരക്ഷിക്കുന്നു അതുകൊണ്ട് അദ്വൈതബോധത്തിൽ നിർവ്വാണം ആയത്നസിദ്ധമാണ്